അവർ പറയും അതെ ഞങ്ങളുടെ അടുക്കൽ ഒരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു എന്നാൽ ഞങ്ങൾ അവനെ നിഷേധിച്ചു അള്ളാഹുസുബഹാനഹൂവത്തെ ആല യാതൊന്നും ഇറക്കിയിട്ടില്ലെന്നും നിങ്ങൾ വലിയ വഴിപിഴവിലാണെന്നും ഞങ്ങൾ പറഞ്ഞു